എല്ലാവർക്കും എന്നെൻ്റെ ഗീത ഏഴാം അധ്യായത്തിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഒന്ന് ശ്ലോകങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യാറുള്ളത് ഭഗവാൻ തുടരുന്നു അദ്ധ്യായത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഭഗവാൻ പ്രതിജ്ഞ ചെയ്തത് ജ്ഞാനവും വിജ്ഞാനവും സംശയം കൂടാതെ ഞാൻ വെളിപ്പെടുത്താം എന്നും പത്താമത്തെ ശ്ലോകം ബീജംമാം വിധിപ്പാർത്ഥ അത് അർജുനം സനാതനം ബീജംമാം വിധിപ്പാർത്ഥ സനാതനം ബുദ്ധി ബുദ്ധിമത്തം അസ്മേ തേജസ് തേജസ്വിനം ബലം ബലവത്തഞ്ചാഹം കാമരാഗവിവർദ്ധിതർമാവിധോഭൂത്തു കാമോസ്മദർശ സത്യുരാവാഹ രാജസാസ്താമസ മതേവേധി തദ്ധി മഹം തേശു തേ മയ ഇതാണ് മൂന്ന് ശ്ലോകം ബീജം മാം സർവഭൂതാം വിധി പാർത്ഥ സനാതനം ഉണ്ട് ഈ ജ്ഞാനം ആവർത്തിക്കുന്നു അഡി അർജുന ഈ ലോകത്ത് കാണുന്ന സകല കാഴ്ചകളുടെ വിത്ത് സനാതനം ഒരു മാറ്റവുമില്ലാതെ തുടരുന്ന ജ്ഞാനമാണ് ജ്ഞാനം എന്നു വച്ചാൽ എന്നെ പ്രത്യേകം ഓർമ്മിക്കണം എന്തായാലും അത് വസുദേവപുത്രനായ കൃഷ്ണനാകാൻ പറ്റില്ലല്ലോ ആ വ്യക്തി ആകാൻ പറ്റില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കൃഷ്ണൻ ഞാൻ എൻ്റെ എന്ന് പറയുന്ന ഈ വസുദേവപുത്രനായ കൃഷ്ണനെ അല്ലാതെ കാണാൻ പലരും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഇഷ്ടപ്പെടാതിരുന്നാൽ സത്യം മുഴുവൻ മറഞ്ഞു പോകും വീരമ്മ സർവഭൂതാനം വിധി പാർത്ഥ സനാതനം അസനാതനങ്ങളുള്ള വാക്ക് വളരെ അർത്ഥത്താണ് ഇനി വിജ്ഞാനമാണ് പക്ഷെ ഈ സർവപ്രപഞ്ചത്തിൻ്റെ ഇംഗീചനമായ എന്നെ എല്ലാവർക്കും ആ പൂർണ്ണതയിൽ കാണാൻ പറ്റില്ല കുറേശ് ചെലിടത്തൊക്കെ എന്നെ കാണുക എളുപ്പമുള്ള സ്ഥലത്ത് ബോധമാണ് എന്ന് ഒന്ന് ഉറപ്പിക്കാം ചെലടത്ത് കണ്ട് കഴിഞ്ഞാൽ പിന്നെ അനുഭവത്തിലത് വളർന്നു പോകും ജഗത്ത് മുഴുവൻ ബോധമാണെന്ന് ക്രമേണ തള്ളിയും അതാണ് വിജ്ഞാനം ചില പ്രത്യേക സ്ഥലങ്ങൾ ഭഗവാൻ ചൂണ്ടിക്കാണിക്കുന്നു അവിടെ ബോധമാണെന്ന് ഉറപ്പുവരുത്തും ആദ്യം പറയുന്നത് സർവവിഞ്ഞാനാണ് എന്നിട്ട് പിന്നെ പറയുന്നു ബുദ്ധരും ബുദ്ധിമുട്ടാണ് അസ്മൈ നമുക്ക് സാധാരണഗതിയിൽ തോന്നും ഇതെന്തായി കൃഷ്ണനി പറയുന്നത് എല്ലാം ഞാനാണെന്ന് പറഞ്ഞിട്ട് ഉടൻ പറയുന്നു ബുദ്ധിമാനന്മാരിൽ ഞാൻ ബുദ്ധിയാണ് പറഞ്ഞാൽ വലിയ ബുദ്ധി ഈ ബുദ്ധി ശരീരത്തെക്കാൾ കുറച്ച് സൂക്ഷ്മമാണ് ശ്രദ്ധിച്ചാൽ ഇത് ബോധം അതിനോട് തൊട്ട് നിൽക്കുന്നതായി നമുക്ക് കണ്ടനുഭവപ്പെടും ബുദ്ധി ബുദ്ധി ബുദ്ധിമത്തം അസ്മി അപ്പം നമ്മുടെ തന്നെ ബുദ്ധിയിൽ അല്ലെങ്കിൽ ബുദ്ധിമാനന്മാരുടെ ബുദ്ധിയിൽ ോധത്തെ കണ്ടെത്തിയാൽ പിന്നെ അത് വിസ്താരം പ്രാപിച്ചോളും ലോകമെമ്പാടും മറഞ്ഞ് നിൽക്കുന്നതായി ക്രമേണ ബോധ്യപ്പെടും ഇതാണ് വിജ്ഞാനം പക്ഷെ ക്രമേണ അനുഭവം നേടാനുള്ള കാര്യങ്ങൾ ക്രമമായി ഉറപ്പിക്കുന്നതാണ് വിജ്ഞാനം ജ്ഞാനം എന്ന് പറഞ്ഞാൽ പരമമായ സത്യം ഇത് രണ്ടും സംശയമില്ലാതെ സമഗ്രമായി അസംശയം സമഗ്രം ഞാൻ പറഞ്ഞു തരാം എന്നാണ് അധ്യായത്തിൻ്റെ ആദ്യം ഭഗവാൻ പ്രജ്ഞയിൽ അതെല്ലായിടത്തും നിറവേറ്റുന്നു ആവർത്തിച്ച് ഞാനും ബുദ്ധി ബുദ്ധിമതാൻ അസ്മി തേജസ് തേജസ്വിനും അഹം നല്ല തേജസ്വികൾ തേജസ്വികളായ പ്രപഞ്ചഘടകങ്ങൾ അഗ്നി സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇവയുടെ ഒക്കെ തേജസ് നമ്മൾ വിറ്റുനോക്കിയാൽ അത് ഒരു ബോധത്തിൻ്റെ പ്രകടനമാണെന്ന് നമുക്ക് എളുപ്പം മനസ്സിലാവും ഈ കട്ടി പിടിച്ച ഇരുട്ട ജലമോ അല്ലാത്തതിലൊക്കെ നോക്കിയാൽ നമ്മൾ ചെല്ലുകൾ മുഖം ഈ ബ്രഹ്മനിഷ്ഠ ഉറപ്പുവരുന്നവരുടെ മുഖത്തിന് തന്നെ ഭക്തമായ ഒരു ഒരു തേജസ് ഒരു കാന്തി ആവിർഭവിക്കാറുണ്ട് നമ്മൾ പലരും പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തിന് നല്ലൊരു ബ്രഹ്മ തേജസ് എന്ന് പറയാവേ അപ്പം എന്താ ആ തേജസ്സിൽ നമുക്ക് ആ ബോധത്തെ കാണാൻ പറ്റും ബുദ്ധി ബുദ്ധിമതാമസ്മി തേജസ് തേജസ്വിനാമഹം ബലം ബലതാം ചാഹം കാമരാഗ വിവർജിതം കാമരാഗങ്ങളില്ലാത്ത ബലവാന്മാരുടെ ബലം ഞാനാണ് അർജുന കാമരാഗമെന്ന് വച്ചാൽ കാമം ഒരു വസ്തു എനിക്ക് കിട്ടിയേ തീരൂ അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന മോഹമാണ് കാമം രാഗമെന്ന് വച്ചാൽ എൻ്റേത് ഇതെൻറ്റേത് എന്ന ചിന്തയാണ് രാഗം അപ്പോൾ കാമവും രാഗവും ഇല്ലാത്ത ബലവാന്മാരുടെ ബലം ഞാൻ നമുക്ക് എവിടെ നോക്കിയാൽ കാമരാഗങ്ങൾ വിട്ട് പ്പിച്ചാൽ ആ ബലം ലോകത്ത് മുഴുവൻ ആകർഷിക്കും എന്താ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ബലം തന്നെ പരിശോധിച്ച് നോക്കുക വേറൊരു ഒരസ്ഥിബഞ്ചനം ഒറ്റവരെ മണ്ണു കൊടുത്തത് അങ്ങനെ നടക്കുക പക്ഷേ രണ്ട് ലോകമഹായുദ്ധം ജയിച്ച ചർച്ചിൽ പറഞ്ഞത് എനിക്ക് ഈ ലോകത്തിൽ അർത്ഥനഗ്നനായ ഫക്കീറിനെ മാത്രമേ ഭയമുള്ളൂ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു ഈ ഗാന്ധിജിയെ ഇത്ര ഭയപ്പെടാൻ പറ്റില്ല ബ്രിട്ടീഷുകാർക്ക് ആരംഭത്തിലൊക്കെ തന്നെ വേണമെങ്കിൽ വലിയ തന്നെ കൊല്ലാവുന്നതേ പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്താ പറ്റാത്തത് ചെയ്യാൻ തോന്നിയില്ല എന്താ ഇതിന് കാരണം ബലം ബലമത്താം ഉത്സാഹം കാമരാഗം വിത അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് തൻ്റെ പ്രവർത്തനങ്ങളിൽ വലിയ സ്വാർത്ഥത്തിൻ്റെ കാമമില്ല എന്തെങ്കിലും തനിക്ക് വേണ്ടി തനിക്ക് വേണ്ടി നേടിയെടുക്കണം എന്നാണ് അതിയായ മോഹമില്ല പ്രത്യേകം ആരോടും വലിയ രാഗമില്ല അവക്കെ ആ ജീവചരിത്വം തന്നെ അറിയിക്കുന്നു ബലം ബലവത്തെ ഉത്സാഹം കാമരാഗവിവർജിത്വം ധർമ്മവിരുദ്ധു കാമോസ്മി ഭരദർഷപ്പ അവർജുന ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത എന്ന് പറഞ്ഞാൽ ഈശ്വരനോടടുപ്പിക്കാൻ ഉതകുന്ന ധർമ്മം എന്ന് വെച്ചാൽ ഈശ്വരൻ തന്നെ ഈശ്വരനോടടുപ്പിക്കുന്ന ഏത് കൃത്യവും ധർമ്മം കർമ്മം ഇന്നതെന്ന് നമ്മൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തല്ലോ ഈശ്വരനോടടുപ്പിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇന്ന് വിചാരിക്കുന്ന പല നല്ല കർമ്മങ്ങളും കടുത്ത ബന്ധമായിത്തീരും ഈശ്വരനോടടുപ്പിക്കുമെങ്കിൽ നമ്മളിന്ന് ചിന്തിക്കുന്ന നല്ലതല്ലെന്ന് ചിന്തിക്കുന്ന എത്രയോ ഏത് കർമ്മവും ഏത് കർമ്മവും അസുരന്മാരുടെ കർമ്മങ്ങൾ മഹാബലി തുടങ്ങിയവരുടെ കർമ്മങ്ങൾ ദേവന്മാരുമായി യുദ്ധം ചെയ്യുക അതൊക്കെ അവരുടെ ധർമ്മമായിരുന്നു അപ്പോൾ ധർമ്മ അവിരുദ്ധോ ഫലം ഗീതയുടെ സർമാധർമ്മ നിർവചന ഭഗവാനോട് നിങ്ങൾക്ക് ഈ ഭഗവത് സ്മാരണം അദൃഢമാണോ അതിനൊരു കുറവും വരില്ലേ വരില്ലെങ്കിൽ ഈ ഏത് കർമ്മവും യുദ്ധം യുദ്ധം ചെയ്യും അർജുന അവിടെ പിന്നെ പാപചിന്തകളോ വാസ്തുഗീത നേരെ പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ സംശയമൊക്കെ പാപവുമില്ല തുല്യവും ഇല്ല അർജുനൻ ആദ്യം എന്താ പറയും പറഞ്ഞത് കൃഷ്ണൻ അഹോ ഗത മഹത് കറുത്തും വികസിത വയം എന്താ നമ്മൾ വലിയ പാപക്ഷിയാണല്ലേ വരുമ്പുന്നത് എന്താ ഏത് രാജ്യസുഖലോഭേന ഹന്തും സ്വജനമാകേ കുറച്ച് രാജ്യവും സുഖവും കിട്ടാൻ വേണ്ടി ബന്ധുക്കളെയൊക്കെ കൊല്ലുക കൃഷ്ണ എന്തൊരു മഹാപാതകമാണ് പക്ഷെ നോക്കണേ കൊല്ലുന്നത് പാതകമാണ് ഈ തോന്നൽ എന്തുകൊണ്ടുണ്ടായി ആരോ കൊല്ലുന്നു മരിക്കുന്നു എന്നൊക്കെ തോന്നുന്നത് കൊണ്ടല്ലേ കൃഷ്ണൻ ഗീത പന്ത്രണ്ടാം ശ്ലോകം പതിനൊന്നാം ശ്ലോകം മുതലാണ് രട്ടാധ്യായം ഈ തത്വത്തിൻ്റെ ആരംഭിക്കുന്നത് പന്ത്രണ്ടാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നത് നത്വേവാഹം ജാതനാസം നൊന്നേ മേലാസിഹ ന ചെയ്യാമ സർവേവയോ സരം അർജുന ജ്ഞാനോ നീയോ ഈ രാജാക്കന്മാരോ ഏതൊരു വശത്ത് നിൽക്കുന്ന സൈന്യത്തിൽപ്പെട്ട രാജാക്കന്മാരോ ഭടന്മാരോ ഇതിനു മുമ്പ് ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല പക്ഷേ ഒരിക്കൽ നമ്മൾ സനാതന സത്യം ആരും നമ്മൾ മരിക്കുന്നില്ല പിന്നെന്ത് കൊല്ലം അത്രേവാഹം ജാതുനാസം നമേ ജനാധിപാഹ നൈവ ന ഭവിഷ്യൊരിക്കലും നമ്മൾ യുമില്ല ഈ പന്ത്രണ്ടാമത്തെ ശ്ലോകം നമുക്ക് നേരെ മനസ്സിലായെങ്കിൽ പിന്നെ ഈ സംശയത്തിന് എന്താ കാര്യം എന്നിട്ടാണ് പലരും എന്നോട് വന്ന് പരാതി പറഞ്ഞിട്ടുണ്ട് എങ്കിലും സർക്കാര്യമൊക്കെ ശരി എങ്കിലും ഭഗവാൻ അർജുനനോട് ഭീഷ്മരെയും ദ്രോണരെയും ഗുരുക്കൻ ഗുരു ഗുരുവിനെയും അപ്പൂപ്പനെയും ഒക്കെ കൊല്ലാൻ പറഞ്ഞിട്ടേ അതൊരു വലിയ കടുപ്പമായില്ലേ എന്താ ഭജ്ഞതയുള്ള ചോദ്യമല്ലേ ഈ ശ്ലോകം മനസ്സിലായിട്ടുണ്ടോ ഭീഷ്മരും ദ്രോഹരും അർജുന ഞാനന്ദിയും ഈ കാണുന്ന ശൈല്യങ്ങളും ഇതിനു മുമ്പ് ഒരിക്കലും ഇല്ലാതായിട്ടില്ല ഇനി മേലൊരിക്കലും ഇല്ലാതാവുകയുമില്ല നമ്മൾ ജനിക്കാത്ത ജീർണിക്കാത്ത മരിക്കാത്ത ഇതാ സനാതനമായ ബീജം പറയുന്നു അജ്ഞാൻ ബീജം അഹം സനാതനം എല്ലാ ഈ വജാലങ്ങളുടെയും സനാതന ബീജമാണ് ഞാൻ മരിക്കുന്നില്ല പിന്നെ ഇവിടെ ആര് മരിക്കുന്നു കൊല്ലുന്നു വിചാരിക്കുന്നെങ്കിൽ കൊല്ലപ്പെടുന്നു അവരറിയ അവരജ്ഞരാണ് അപ്പോൾ അജ്ഞതയുടെ ചോദ്യമല്ലേ എങ്കിലും ഭീഷ്മരയും തോന്നരയും ഒക്കെ കൊല്ലാൻ പോകുന്നുള്ളൂ എന്ന് വെച്ച പന്ത്രണ്ടാം ശ്ലോകം പോലും നേരെ വായിച്ചർത്ഥം മനസ്സിലാക്കുന്നില്ല അത് താൽപ്പര്യം അതുപോട്ടെ എന്തായാലും ധർമ്മവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരദർഷഭ ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത ഈശ്വരബോധം വ്യക്തമായി ഉൾക്കൊള്ളുന്ന ഒരു പ്രവൃത്തിയും അധർമ്മമല്ല ഇറച്ചി വെട്ടി വിക്കലാണെങ്കിൽ ഇറച്ചി വെട്ടി വിക്കൽ മറ്റെന്ത് പ്രതി ആയിട്ട് ഭഗവാനോടടുപ്പിക്കുന്നുണ്ടോ യുദ്ധമാണെങ്കിൽ യുദ്ധമാവട്ടെ നേരെ മറിച്ച് ഭഗവാനോടടുപ്പിക്കുന്നില്ല ചൂടുതൽ ബന്ധം ഞാൻ ചെയ്യുന്നു എനിക്ക് പറ്റുന്നില്ല ഇങ്ങനെ കർത്തൃത്വവും ഭോക്തൃത്വവും ഉറപ്പിക്കുന്ന കർമ്മമാണോ ഇന്ന് നാം ധർമ്മമെന്ന് കരുതുന്നത് പോലും അധർമ്മം ഇതാണ് ഗീതയുടെ ധർമ്മധർമ്മ നിർവചനം ഈശ്വരനോടടുപ്പി അതാണ് ധർമ്മവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഫലതർഷഭ എന്നു കൽവായാലും ആഗ്രഹിക്കുന്നു ആഗ്രഹിച്ചോ പക്ഷേ ആ ആഗ്രഹമെല്ലാം ഈശ്വരബോധമുറയ്ക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം എങ്കിൽ ഒരാഗ്രഹവും ദോഷമുള്ളതല്ല അർജുന ധർമ്മവിരുദ്ധോ ഭൂതയേഷു കാമോസ്മി ഫലതർഷ അപ്പോൾ ഇത്രയും കേൾക്കുമ്പോൾ ഭഗവാൻ അല്പം മുമ്പ് പറഞ്ഞല്ലേ എല്ലാം ഞാനാണെന്ന് അപ്പോൾ അധർമ്മം ഭഗവാനല്ലേ താമസ ഗുണം ഭഗവാനല്ലേ സത്വം രജസ് തമസ് എന്ന് മൂന്ന് ഗുണങ്ങളുണ്ട് മായയ്ക്ക് സത്വം പ്രകാശത്തിൻ്റെ ഗുണമാണ് ദയവ കാരുണ്യം ലോകനന്മ ഇതൊക്കെ ഉണ്ടാക്കണം എന്നാഗ്രഹിക്കുന്ന പ്രകാശനമായ ചിത്തത്തിൻ്റെ ഗുണമാണ് സത്വം രജസ് കർമ്മം രാഭകൽ കർമ്മം ചെയ്ത് പണം നടക്കണം പേര് നേടണം അധികാരം വേണം ഇതിനു വേണ്ടി രാഭകൽ പെടയുന്ന ഗുണമാണ് രജസ് തമസ് ഇതിരംഗുമല്ല മദ്യം ചീന്നും കുടിച്ചോ മരുന്ന് കുടിച്ചോ അല്ലെങ്കിൽ അലസമായോ ജീവിതത്തെ കഴിച്ചുകൊണ്ടുന്നതാണ് തമസ് പ്രകാശം ചെ പ്രവൃത്തിഞ്ച മോഹം പ്രകാശം പ്രവൃത്തിയും മോഹം ഇത് നോക്കുവാണോ സത്വം രജസ് തമസ് എന്ന ഗുണങ്ങൾ ഗുണങ്ങളുടെ വ്യക്തമായ രൂപം അപ്പോൾ ഭഗവാൻ പറഞ്ഞു ധർമ്മം ഞാനാണ് അപ്പോൾ അധർമ്മമോ ഭഗവാൻ പെട്ടെന്ന് നമുക്ക് ഈ ചോദ്യം ചോദിക്കാമേ ജ്ഞാനം ജ്ഞാനം വെച്ചുകൊണ്ടാണെങ്കിൽ ഞാനല്ലാതെ മറ്റൊന്നുമില്ല എന്നല്ലേ പറഞ്ഞത് അപ്പോൾ അധർമ്മമെന്നല്ലേ അർജുന ഞാനല്ലാതെ മറ്റൊന്നുമില്ല പിന്നെ എന്തിനീ ധർമ്മമെന്നും കൊത്യം നോക്കണം അല്ല അവിടെയൊക്കെ ഒരു സാധാരണ മനുഷ്യനെ പെട്ടെന്ന് ബോധത്തെ കാണാൻ കഴിയും നമ്മൾ ബ്രഹ്മനിഷ്ഠനാണെങ്കിൽ ഏത് അധർമ്മത്തിലും ബ്രഹ്മത്തെ കാണാൻ കഴിയും അവിടെ അധർമ്മമെന്നോ ധർമ്മമെന്നോ യാതൊരു വ്യത്യാസവും ഇല്ല ഇവിടെ അധർമ്മവും ഇല്ല ധർമ്മവും ഇല്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഒടുവിൽ പറയുന്നത് വീണ്ടും ജ്ഞാനം ആദ്യത്തെ വരിയിൽ ജ്ഞാനം പറഞ്ഞു ഞാനാണ് ബീജം സർവഭൂതങ്ങളുടെയും സനാതന ബീജം ഞാനാണ് എന്ന് പറഞ്ഞിട്ട് വിജ്ഞാനം കുറച്ച് പറഞ്ഞു വീണ്ടും ജ്ഞാനം ആവർത്തിക്കുന്നു അർജുന ഏജൈവ സത്വികാഭാവാ രാജശാസ്തമശാസ്തയെ മത്തയേതി തന്മിദ്ധി എല്ലാം എന്നിരുന്നുണ്ട് എന്ത് രാജസമായാലും ശരി എന്ത് താമസമായാലും ശരി അർജുന കാരണം എന്തിൽ നിന്നല്ലാതെ രൂപപ്പെടാൻ ഇവിടെ മറ്റൊരു വസ്തു ഇല്ല അതുകൊണ്ട് ഏത് ഇവ രാജസാത്വികാ താമസാസ്തയെ മത്തയേറ്റി താങ് വി അതെല്ലാം ഏഞ്ഞു നീ ആലോചിച്ചോ ഞാനതിലൊന്നിലുമില്ല എന്താ പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് എല്ലാം എന്തൽ നിന്ന് ഞാൻ അതിലൊന്നിലുമില്ല അതൊക്കെ എന്നിൽ നത്വം തേ ഷു ഞാൻ അവയിലില്ല തേ മൈ അവ എന്നിൽ ഞാൻ അവയിലില്ല അവ എന്നിൽ ആ ഇട ഇതൊക്കെയാണ് ഇതൊക്കെ നേരെ ചൊവ്വേ വേദാന്ത തത്വം നമ്മൾ ഗ്രഹിച്ചിട്ട് ഗീതാശ്രവങ്ങൾ വായിച്ചില്ലെങ്കിൽ ചിലർക്കൊന്നും പറയാറുണ്ട് എന്തായാലും കൃഷ്ണൻ ഒരുമാതിരി ഒരു സ്ഥിരതയുള്ളതൊക്കെ പറഞ്ഞു അതൊക്കെ എന്നിൽ നിന്നും പറയും ഉടനെ പറയും എന്നില്ലതൊന്നുമില്ല അവ എന്നിൽ അത് ഇതിനാണ് ആദ്യത്തെ ഒരു ബീജമാം സർവഭൂതാന വിധി പാർത്ഥ സനാതനം സനാതനമായ സകല പ്രപഞ്ചഘടകങ്ങൾക്കും സനാതനമായ വിത്ത് ജ്ഞാനമാണ് സനാതനമായ വിത്തൽ ഓർമ്മകളും ഒരു മാറ്റവുമില്ലാതെ എന്നും തുടരുന്ന വിത്തൽ പ്രപഞ്ചത്തിൻ്റെ പരമകാരണം ഞാനാണെന്നർത്ഥം ഒരു മാറ്റവുമില്ലാതെ ബോധം എന്നും അഖണ്ഡമായി നിശ്ചലമായി ആനന്ദഘരമായി നിലനിൽക്കുന്ന ബോധം ഞാനാണ് ഞാനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വിത്ത് ഇവിടെ നല്ല വണ്ണം ശ്രദ്ധിച്ചു എന്ന് മനസ്സിലാക്കുക ഇങ്ങനെ ഒരു പരമകാരണം അത് ജനിച്ചതാവാൻ പറ്റില്ല ജനിച്ചതായാലും അത് പരമകാരണമാവില്ല അതിനെ ജനിപ്പിച്ച വസ്തുവിനെ പിന്നെ അന്വേഷിക്കേണ്ടി ജനിച്ചതല്ലെങ്കിൽ അത് ഭരിക്കില്ല അതാണ് അജൻ അജം അമരം എന്നൊക്കെ ഈ അഖണ്ഡബോധം ബ്രഹ്മത്തിന് അജം നമുക്ക് ഒക്കെ പരി ജനിക്കാത്തത് അജം അവ്യയം എന്നൊക്കെ കൃഷ്ണൻ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ഒരു കുറവും വരാത്ത ഒരു കേടു ഒരു ചലനും ഇല്ലാത്തത് നിശ്ചലം നിശ്ചലം നിർവികാരം എഴുത്തച്ഛൻ തന്നെ രാമനെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ അധ്യാത്മരാമായണത്തിൽ നിശ്ചലം നിർവികാരം പരം എന്നിങ്ങനെ വിശേഷണങ്ങൾ പറയുകയെ ഇതാണ് സനാതനം ഒരു മാറ്റവുമില്ലാതെ തുടരുന്ന ഒരു പരമകാരണം അങ്ങനെ ഒരു പരമകാരണത്തിൽ നിന്നും ജനിച്ചു മരിക്കുന്ന ഏതെങ്കിലും ഒരു കാഴ്ച യഥാർത്ഥത്തിലുണ്ടാകാൻ പറ്റുമോ ഗംഭീരമായി ഇത് ചിന്തിക്കുക ഇപ്പോൾ തന്നെ സ്നേഹിതരോട് ചോദിച്ചു എനർജി ഈ മേശയില്ലയെന്ന് പറയുന്നു മേശപരമാണുക്കളും അല്ലേ പരമാണുക്കളും എനർജിയല്ലേ എനർജി ജഡമാണ് എനർജിയാണ് ജഡത്തിൻ്റെ ആദ്യ രൂപം എനർജി ഉണ്ടായി മറയുന്നതൊക്കെ ജഡം ഉണ്ടായി എന്ന് തോന്നുന്നു കുറച്ചു നേരമുള്ള തോന്നുന്നു മറയുന്നു എനർജി എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും സ്പന്ദിച്ച് മറയുന്ന സ്പന്ദന പ്രവാഹമല്ലേ സ്പന്ദനാത്മിക ശക്തി അതുപോലെ എനർജി ആണെങ്കിലോ പിന്നെ പരമങ്ങനെ പിന്നെ മേശയാവുന്നത് എനർജിയെ വേണമെങ്കിൽ സട്ടിൽ മാറ്റർ സൂക്ഷ്മ ജടം എന്ന് വിളിച്ചുള്ളൂ എനർജി എൻ്റെ ബോധം പലർക്കും അങ്ങനെയൊരു വികാരമുണ്ട് പരമാത്മാവും ഒന്നാണ് വലിയ വസ്ത്രം ആ പ്രാണൻ നമ്മൾ വേദാന്തത്തിൽ പറയുന്ന പ്രാണനാണ് എനർജി കോസ്മിക് എനർജി വിശ്വപ്രാണൻ ആ പ്രാണനാണ് പിന്നെ ഈ പ്രപഞ്ചഘടകങ്ങളെ കട്ടുപിടിച്ച ജടങ്ങളെ മനസ്സിനെ പ്രാണൻ അല്പം കൂടെ കട്ടുപിടിച്ചാലും മനസ്സ് മനസ്സ് കുറെ കൂടെ കട്ടുപിടിച്ചാൽ ഈ മേശ ഈ മേശയൊക്കെ മനസ്സ് കട്ടുപിടിച്ചിരിക്കുക ഫിസിക്സ് പോലും ഇപ്പോൾ ഏതാണ്ട് അത് സമ്മതിച്ചിട്ടുണ്ട് ഞാനൊരിക്കക്സ് പ്രൊഫസറുടെ ക്ലാസ് ഈ ടി വിയിൽ ശക്തിക്കാറുണ്ട് അയാൾ പറഞ്ഞ ഇങ്ങനെ അടിച്ചു കാണിച്ചിട്ട് പ്രൊഫസർ പറയുന്ന കുട്ടികളെ ഇപ്പം ഫിലോസഫി ഓഫ് ഫിസിക്സ് എവിടെ എത്തിയിരിക്കുന്നു എന്നറിയാമോ ഈ മേശ ഇവിടെ ഇല്ല പിന്നെന്താണ് ഇവിടെ കുറച്ച് ഇലക്ട്രോൺസ് പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ഇത്രയേ ഉള്ളൂ ഇലക്ട്രോൺസിനെയും പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും നിങ്ങൾ മേശയായി കാണുന്നു അല്ല ഇവിടെ മേശയില്ല അവർക്കത്ര പറയാൻ പറ്റൂ അവർ ഇലക്ട്രോൺ ന്യൂട്രോൺ ബ്രോട്ടോൺ വരെ ഏറ്റവും ഉള്ളൂ അപ്പുറത്തുള്ള ഈ സ്പന്ദനത്തിന് പോലും അപ്പുറത്തുള്ള അഖണ്ഡവും നിശ്ചലവും ആനന്ദഹനവുമായ ബോധം പുറത്തന്വേഷിച്ചാൽ കിട്ടില്ല പുറത്തൊരിടത്തും അതിനെ കാണാനൊക്കില്ല നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്തതിൽ ബോധത്തെ കാണാനോ കയ്യിലെടുക്കാനോ ഒന്നും പറ്റില്ല പക്ഷേ എന്തിനും പറ്റണം ഉണ്ട് ഉണ്ട് എന്ന് സദാ നമ്മുടെ ഉള്ളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബോധത്തെ കയ്യിലെടുത്തിട്ട് വേണോ കാണാൻ നമ്മളതാണ് പിന്നെ ഇനിയിപ്പോൾ അതിനെന്താ അന്വേഷിച്ച് നടക്കാൻ അപ്പോൾ എനർജി എനർജി സട്ടിൽ മാറ്റർ സൂക്ഷ്മജം അവിടെ നിരാണ് പിന്നെ വേണമെങ്കിൽ എനർജി സൂക്ഷ്മജം മനസ് മധ്യജടം ഇമേശയും മറ്റും സ്ഥൂല ജഡം എന്ന് ജഡത്തെ മൂന്നായി വിഭജിച്ചുള്ളൂ പക്ഷെ ഒക്കെ ജഡം എന്താ നിർവചനം ഉണ്ടായി മറയുന്നത് നേരത്തെ ഇല്ലായിരുന്നു ഉണ്ടായെന്ന് തോന്നുന്നു അല്പനിമിഷം നിലനിൽക്കുന്നതായി തോന്നുന്നു മറയുന്നു അവസാനമില്ല ഇത് ഇടയ്ക്കുണ്ടെന്ന് തോന്നുമ്പോഴും എന്താ ഉള്ളതാണെങ്കിൽ എന്നുള്ളതായിരിക്കും അതിനൊരിക്കലും ഇല്ലാതാവാൻ പറ്റില്ല ഗീതമറിയുന്നുണ്ട് ഈ രണ്ടാമ രണ്ടാമത് ഛയത്തിൽ നാ സതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യത്തെ സത ഉഭയോരഭി ദൃഷ്ടോം തസ്തനയോ തത്വദർശേ അതിനാ ഉള്ളത് ഒരിക്കലും ഇല്ലാതാവില്ല കാരണം ഉള്ളതിൻ്റെ നേരെ എതിലാണില്ലാത്തത് ഇല്ലാത്തതുണ്ടാവുകയില്ല അപ്പോൾ എന്താ ഉള്ളതെന്നുള്ളതും ഇല്ലാത്തതെന്നും ഇല്ലാത്തതാണ് അപ്പോൾ എന്താ ഉള്ളത് സനാതനമായ ബീജം ഉണ്ട് സനാതനമായ ബീജമാണെങ്കിൽ അതിൽ നിന്നും യഥാർത്ഥത്തിൽ ഒന്നും ഉണ്ടാവാൻ സാധിക്കില്ല ചലിക്കുന്നില്ല നിശ്ചലം നിശ്ചലത്തിൽ ഇങ്ങനെ ചലനം ഉണ്ടാകും അപ്പോൾ നമ്മുടെ ഫിസിക്സ് ഫിലോസഫി മേശയില്ലെന്ന് പറയുന്നു വേദാന്തം പറയുന്നതോ ഏനരുചിയില്ല ഏ പെട്ടെന്ന് അമ്പരക്കുകയോ ഏ ഇതൊരു വെറും സുദ്ധാ സംബന്ധമല്ലേ പറയുന്നത് അങ്ങനെയൊന്നും ധരിച്ചേക്കരുത് ജനാരുചി ഇല്ല എന്ന് വന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ എവിടുന്ന് സ്പന്ദിക്കുന്നു ഞാൻ ഒരുപാടുള്ള സുഹൃത്തുക്കളോട് ചോദിച്ചു നോക്കി ഫിസിക്സിലും മറ്റും നല്ല മെഡുക്കന്മാർ ജനാരുചി എവിടെ നിന്ന് സ്പന്ദിക്കുന്നു അവർ തിരക്കിട്ട് അന്വേഷിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നു അതൊക്കെ ഞങ്ങളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും പിടികൂല്ല അഖണ്ഡ ബോധം കണ്ടുപിടിക്കുന്നത് വരെ ഈ എനർജി എവിടുന്ന് സ്പന്ദിക്കുന്നു എന്ന ഈ പ്രാണം ഈ വായു ഇതൊക്കെ എവിടുന്ന് സ്പന്ദിക്കുന്നു വേദാന്തമനുസരിച്ച് അവർ സ്പന്ദിക്കുന്നില്ല പിന്നെ ഉണ്ടെന്ന് തോന്നുന്നതും അതെ ഈ ഉണ്ടെന്ന് തോന്നുന്നത് കയറിൽ പാമ്പിനെ കാണുമ്പോഴാണ് അല്ലെങ്കിൽ മരുഭൂമിയിൽ കാനൽ ജലം കാണുമ്പോൾ നാട്ടുച്ചയ്ക്ക് മരുഭൂമിയുടെ കരയിൽ നിന്ന് നിന്നാൽ സദസ് ജലാശയം അലയടിക്കുന്നത് തോന്നും അതാണ് കാനൽ ജലം എന്നൊക്കെ പറയുന്നത് മാന്പേടകളും മറ്റും ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞതിൻ്റെ പുറകെ ഓടും പക്ഷേ ഓടുമ്പോഴൊക്കെ ഇത് അപ്പുറത്തപ്പുറത്ത് ഒത്തടിയാകല് എന്ന് തോന്നും വെള്ളം കുടിക്കാൻ ഒരു തുള്ളി പോലും കിട്ടാതെ അവ മരിച്ചു വീഴും ഇതാണ് മൃഗദർഷ്ണിക്കാർ എന്ന് പറയും ഇതുപോലെ അഖണ്ഡബോധത്തിൽ തോന്നുന്ന വെറും കാഴ്ചകൾ ഭ്രമദൃശ്യങ്ങൾ ലേശം പോലും ഒന്നും ഉണ്ടാകുന്നില്ല നിലനിൽക്കുന്നില്ല നശിക്കുന്നില്ല ഉള്ളത് അതാണ് ഇന്നലെ നമ്മൾ വിവേകാനന്ദ വാക്കുകൾ ഉദ്ധരിച്ചില്ലേ കുഞ്ഞെ അവസാനം അദ്ദേഹം പറയുന്നു ഞാനില്ല ധർമ്മമില്ല അധർമ്മമില്ല ഞാനില്ല നീ ഇല്ല ജഗത്തില്ല ആചാര്യസ്വാമികൾ പറയുന്നു ബ്രഹ്മമല്ലാതെ സത്താജിത് സുഖരൂപമേവ സത്തത്വം ഈ പ്രൗഢാനുഭൂതി എന്നൊരു ഹൃദയുണ്ടേ ഇവിടെ അത് വായിച്ച് വായിച്ചു നോക്കുക സത്താജിത് സുഖരൂപമേവ സത്തത്വം നാഹർമവാഷ ഞാനില്ല എന്ന ആദ്യം പറയുന്നത് അല്ലതെന്ന് ഓർമ്മിക്കണം അവര് ഇവിടെ കുഞ്ഞൻ ഞാനില്ല നീ ഇല്ല ഈ ജലത്തില്ല ഇവിടെ ഒരു അഖണ്ഡബോധ വസ്തു എനർജി ഇല്ല എനർജി എവിടെ നിന്ന് സ്പന്ദിക്കുന്നു ഒരു ശാസ്ത്രത്തിനും പുറമേ അന്വേഷിച്ച് ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധ്യമല്ല എന്തുകൊണ്ട് എനർജി സ്പന്ദിക്കുന്ന നീ ഇല്ല ഇത് കേൾക്കുമ്പോൾ ഓ ഇതിപ്പോൾ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും സാറേ നിങ്ങൾ വിശ്വസിക്കട്ടെ നിങ്ങൾ പറയൂ എനർജി എവിടെ നിന്ന് ഇതേപോലെ എന്നറിയാമോ മരുഭൂമിക്കകത്ത് കടന്ന് മരുഭൂമിയെ പരിശോധിച്ച് നോക്കാതെ ഒരു മൂന്ന് നാലാളുകൾ മരുഭൂമിയുടെ കരയിൽ മരുഭൂമിയെക്കുറിച്ച് പിടിയിട്ടില്ല മരുഭൂമിയുടെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് കേട്ടാ ഈ ജലാശയം ഇവിടെ എങ്ങനെ വന്നും അന്വേഷണം ആണ് ഇതിൽ ഓരോ തുള്ളിയും ഇവിടെ എങ്ങനെ ഊറി ഈ ജലാശയം ആയിരം ജനനം അവിടെ നിന്ന് സെമിനാർ നടത്തിയാലും ഇത് പിടികിട്ടു എങ്ങനെയാണ് ഇവിടെ വെള്ളം കൂടിയത് അവിടെ വെള്ളം കൂടിയിട്ടില്ല പക്ഷേ തെര ഇടിക്കുന്നു പാത തെര കുമ്പള ഒക്കെ കാണുന്നു അതുകൊണ്ട് ജലമുണ്ടെന്ന് പറഞ്ഞാൽ സെമിനാറിൽ നോക്കിയാലോ സെമിനാർ നടത്തിയാലോ അതുപോലെയാണ് ഇവിടെ നടക്കുന്ന സെമിനാറുകൾ ഞാൻ കുറ്റം പറയുകയല്ലേ അതൊക്കെ വേണം അതൊന്നും വേണ്ട എന്നൊന്നുമല്ല ഞാൻ ഈ പറയുന്നതിന് അർത്ഥം സത്യം വ്യക്തമായി ധരിക്കുക ഇവിടെ ഇതൊന്നുമില്ല ഒരൊറ്റ വസ്തുക്കളും ആചാര്യസ്വാമികളുടെ ഒരു കൃതിയുണ്ട് പ്രാകസ്മരണ സ്തോത്രം മൂന്ന് പദ്യങ്ങളേ ഉള്ളൂ അതിൻ്റെ വിശദമായ വ്യാഖ്യാനത്തോടു കൂടി ഒരു പാമ്പ്ലെറ്റ് പോലെ ചെറിയൊരു ബുക്ക്ലെറ്റായിട്ട് ഇവിടെ അടിച്ചിവിടെ വെച്ചിട്ടുണ്ട് അത് വേണം നമ്മൾ അവർക്ക് വാങ്ങിച്ച് വാങ്ങിച്ചു വായിച്ചു നോക്കാം തീർത്ഥപാദ മണ്ഡലത്തിൽ ഭാഗവതം ഞാനിപ്പോൾ നടന്നപ്പോൾ യജ്ഞപ്രസാദമായി കൊടുക്കാൻ അച്ചടിച്ചതാണ് അതിൻ്റെ കാട്ടുകൾ ഇവിടെ ഉണ്ട് ഇവിടെ തന്നെ നമ്മൾ ഈ പ്രഭാഷണ പരമ്പോ ഇവിടെ അവസാന ദിവസം യജ്ഞപ്രസാദമായി നൽകാൻ ഏകശ്ലോകി ഒറ്റ ശ്ലോകത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒറ്റ ശ്ലോകത്തിൽ വേദാന്ത സാരം ഉൾക്കൊള്ളുന്ന ഒറ്റ ശ്ലോകം അതച്ചടിച്ച് തയ്യാറായി വരുന്നുണ്ട് അവസാന ദിവസം അവസാനമായിത്തരാം ഈ പ്രാതസ്മരണം സ്ത്രോത്രത്തിൽ അല്ലെ അവസാന ശ്ലോകം അവസാന ശ്ലോകം പ്രാതൽ നമാമി തമസപരമർക്കവർണം പൂർണ്ണം സനാതനപദം സനാതനം എന്ന ഈ ഗീത ഇപ്പം നമ്മൾ ഗീതാശ്ലോകത്തിൽ കുറഞ്ഞ ആ വാക്ക് തന്നെ ഉള്ളൂ പ്രാതൽ നമാമി തമസപരമർക്കവർണം പൂർണ്ണം സനാതനപദം പുരുഷോത്തമാക്യം യസ്മിൻ ഗംഗജഗശേഷം അശേഷമൂഹർത്തവും രജ്വാം ഭൂഗങ്കമൈക പ്രതിഭാസി തൻ പ്രാകർണമാമി ജ്ഞാനിത ആ പരമസത്യത്തെ വെളുപ്പിന് നമസ്കരിക്കുന്നു ആ മൂന്ന് ശ്ലോകവും എല്ലാ ദിവസവും വെളുപ്പിന് നീറ്റൊന്ന് ഓർമ്മിച്ചാൽ അചിരേണ ബ്രഹ്മതത്വം തെളിഞ്ഞു കിട്ടും എന്നതിൽ തന്നെ പറയുമ്പോൾ പ്രഭാതത്തിൽ ജ്ഞാനിത ആ പരമസത്യത്തെ നമസ്കരിക്കുന്നു ി തമസപ്പരം അറി എങ്ങനെയുള്ള സത്യം തമസപ്പരം അർക്കവർണം സകല ജഡദ ദൃശ്യങ്ങൾക്കും അപ്പുറം എനർജിക്കും അപ്പുറം എനറുകയാണ് ജടത്തിൻ്റെ ആരംഭം ആ എനർജിക്കും അപ്പുറം തമസപ്പരം അർക്കവർണം സൂര്യനപ്പോ അനുഭവപ്പെടുന്ന ആ സത്യം അതിനെ ഞാൻ നമസ്കരിക്കുന്നു പ്രാധാന്യമാണി തമസപ്പെടല്ല ഇത് വെറുതെ ഊഹിച്ചെടുത്തൊന്നുമല്ല ഇത് പൂർണ്ണമായി ശ്രുതി യുക്തി അനുഭവങ്ങളിൽ കൂടി ശ്രുതി യുക്തി ഉപനിഷത്തിൽ പറയുന്നു എന്നിട്ട് യുക്തി നോക്കി അങ്ങേറ്റം ശരി ബോധമുണ്ടോ ജഗത്തുണ്ട് ബോധമില്ലയോ ജഗത്തിയില്ല അതുകൊണ്ട് ബോധമാണ് ജഗത്തിൻ്റെ ബീജം ഭിത്ത് പരമ കാരണം അതെങ്ങനെ ഇനി അനുഭവത്തിലോ അത് തമസപ്പരം അർക്കവർണ്ണം എല്ലാ ജനത്തിലുള്ള ജലദൃശ്യങ്ങൾക്കും അപ്പുറം സൂര്യനു തുല്യം തെളിയുന്നു ഗീതയും അത് പറയുന്നുണ്ട് ഞാനേനത്ത് തഥജ്ഞാനേഷാം നാശിതമാത്മന തേഷാം ആദിത്യവജ്ഞാനം പ്രകാശയത്തി ഇതിലപ്പുറമേ ഇങ്ങനെ വ്യക്തമായിട്ടിനി അനുഭവിക്കണം അർക്കവർണം പൂർണ്ണം ഈ എട്ടാം ഏഴാം അധ്യായത്തിൽ ആദ്യം പറഞ്ഞില്ലേ അത് സംശയമില്ലാതെ സമഗ്രമായി പൂർണ്ണം ഇതിനപ്പുറത്തിനും ഒന്നും അറിയാനില്ല ഇതറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു അതുമാത്രമേ ഉള്ളൂ മറ്റൊന്നും ഇവിടെ ഇല്ല പൂർണ്ണം സനാതന ബന്ധം ഒരിക്കലും ഒരു കേടും വരാതെ നിലനിൽക്കുന്ന സത്യം അത് ജനിക്കുന്നില്ല നജായത്തെയും പ്രിയത്തെയ കഥാച്ച് അതൊരിക്കലും ജനിക്കുന്നില്ല ഒരിക്കലും മരിക്കുന്നില്ല പൂർണ്ണം സനാതനപഥം പ്രായം ഭൂത്വ ഭവിതാവ ഭൂയ അതൊരിക്കലും ജനിച്ചിട്ടില്ല ഇനി ഒരിക്കലും ജനിക്കാൻ പോകുന്നില്ല ഇതിലപ്പുറമൊക്കെ എന്ത് പറയണം ഇതൊക്കെ പറഞ്ഞിട്ടും ആ സത്യം ഒന്നും മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ ഭീഷ്മരെ കൊല്ലാൻ പറഞ്ഞല്ലോ ഒക്കെ വലിയ കഷ്ടമായിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യുക പൂർണ്ണം സനാതനബദ്ധം പുരുഷോത്തമാഖ്യം ഗീത പതിനഞ്ചാം അധ്യായത്തിലെ പുരുഷോത്തമ ലോകത്തിൽ പുരുഷോത്തമൻ എന്ന ഈ ലോകത്ത് മുഴുവൻ അകവും നിറഞ്ഞു നിൽക്കുന്ന ദ്വാഭിമഹ പുരുഷ ലോകേക്ഷരച്ചക്ഷരയെ വച്ച അക്ഷര സർവൂത കൂടെ സ്ക്ഷരക്ഷത്തെ ഒരു ഉത്തമപുരുഷനാണ് ആ ഉത്തമപുരുഷൻ പരമാത്മാവാണ് ഈ സനാതന മീരം ഉത്തമപുരുഷസ്ഥ പരമാത്മേ തി പരമാത്മാവെന്ന് പ്രസിദ്ധമായി തന്നിട്ടുള്ള ആ സത്യം യോ ലോകത്രയമാവിശ്യ ആവശ്യ എന്ന് പറഞ്ഞാൽ അകവും കുറവും നിറഞ്ഞ് നടത്താം വെറുതെ പ്രവേശിക്കുകയല്ല ഒരു മുറിയിൽ ഒരാൾ പ്രവേശിക്കുമ്പോഴുണ്ട് ആവശ്യ അകവും കുറവ് അകവും കുറവും നിറഞ്ഞ് ഒരു വസ്തു ഉണ്ടെങ്കിൽ മറ്റൊരു വസ്തു ഒരിടത്തും ഉണ്ടാകാൻ സാധ്യമല്ല ഒരു ഇൻഫിനിറ്റ് എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പിന്നെ ഫൈനൈറ്റ് എക്സിസ്റ്റൻസ് ഒന്നും യഥാർത്ഥത്തിൽ സാധ്യമല്ല പിന്നെ തോന്നുന്നുണ്ടെങ്കിൽ ഭ്രമം നമ്മളീ പറഞ്ഞ ്രമം അത്രേയുള്ളൂ അബ്സൊല്യൂട്ട് കോൺഷ്യസ്നെസ് ഉണ്ടെങ്കിൽ പിന്നെ ഈ റിലേറ്റീവ് കോൺഷ്യസ്നെസ് തോന്നുന്നത് ഭ്രമം കാരണം അബ്സല്യൂട്ട് കോൺഷ്യസ്നെസ് ഇല്ലാത്ത സ്ഥലത്തല്ലേ റിലേറ്റീവ് കോൺഷ്യസ്നെസ് സാധ്യമാകും അപ്പോൾ തോന്നുന്നതോ ഭ്രമം റിലേറ്റീവാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഇല്ലേ ഇല്ല കേവലബോധം എന്ന് വേദാന്തത്തിൽ പറയുന്നത് കൈവല്യം ആ ബോധാനുഭവമാണ് കൈവല്യം മോക്ഷം ഓ പൂർണ്ണം സനാതനപദം പുരുഷോത്തമാഖ്യം യോ ലോകത്രയമാവിശ്യ വിഭർത്യവ്യയ ഈശ്വര എന്ന പുരുഷോത്തമയോഗം പൂർണ്ണം സനാതനപദം പുരുഷോത്തമാഖ്യം അപ്പോൾ ഈ പ്രവചനോ യന്തി ജഗദശേഷമശേഷമൂർത്തോ രജുവാം ഭുജംഗമയുടെ പ്രതിഭാസിതീജത്തും മുഴുവൻ ആ സത്യം തന്നെ ആ പൂർണമായ സനാതന സത്യം പിന്നെ പലതുണ്ടെന്ന് തോന്നുന്നതോ ആ സത്യത്തിൽ കയറിൽ കപ്പാമ്പിനെ കാണുന്നത് പോലെ അനന്തകോഴി ബ്രഹ്മാണ്ടങ്ങളെ കാണും എനർജി ഉൾപ്പെടെയുള്ള ബ്രഹ്മാണ്ടങ്ങളെ കാണും അല്ലാതെ ഇവിടെ ഒരു എനർജിയുമില്ല ഒരു അനന്തകോടി എല്ലാം റിലേറ്റീവാണ് ഐൻസ്റ്റീനൊക്കെ അത് പൂർണ്ണമായും സംബന്ധിച്ചിട്ടുണ്ടല്ലോ ദേശകാലങ്ങൾ പോലും അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ റിലേറ്റീവിറ്റി പറയാനുണ്ടോ വേദാന്തം പറയുന്നത് റിലേറ്റീവായിട്ടല്ലാതെ ഈ പുറം ലോകത്തിലൊന്നുമില്ല റിലേറ്റീവെന്ന് പറഞ്ഞാൽ ഒന്നിലധികം വസ്തുക്കൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നതായി കാണുന്നതല്ലാതെ ഒരു സ്വതന്ത്ര വസ്തു ഇവിടെ ഉണ്ട് ഒരു സ്വതന്ത്ര വസ്തുവുമില്ലെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ അസ്വതന്ത്ര വസ്തുക്കളെ മുഴുവൻ പ്രകടിപ്പിക്കുന്ന ഒരു സ്വതന്ത്ര വസ്തു ഉണ്ടായേ പറ്റൂ അല്ലാതെ പരസ്പരം കൂടി കൂടിച്ചേർന്ന് ഈ അസ്വതന്ത്ര വസ്തുക്കൾ നിലനിൽക്കാൻ സാധ്യമല്ല വിത്താണോ വൃക്ഷമാണോ മൂത്തത് എന്ന് പണ്ട് പണ്ടേ അന്വേഷണം അല്ലേ ഇതെന്ന് പിടി കിട്ടും നമ്മുടെ ഉള്ള ആൾ കൊച്ചുകുട്ടികൾ പോലും വിത്താണോ നോക്കുന്നത് അണ്ടിയാണോ മുത്തത് മാറാണോ സാറേ എന്നിങ്ങനെ ചോദിക്കാറുണ്ടേ ഇതൊന്നിന് ഉത്തരം കിട്ടും വിത്തിനും വൃക്ഷത്തിനും അപ്പുറം ഇതൊരു രണ്ടും റിലേറ്റീവാണ് വിത്തില്ലാതെ വൃക്ഷമില്ല വൃക്ഷമില്ലാതെ വിത്തുക ഈ രണ്ടിനും ഒരു ഇവയ്ക്ക് രണ്ടിനും കാരണമായ കേവല വസ്തുവിനെ കണ്ടുപിടിക്കണം അതാണ് മണ്ണ് മണ്ണ് അതിനെ ബോധ്യപ്പെട്ടാൽ വിത്തിൻ്റെയും വൃക്ഷത്തിൻ്റെയും രഹസ്യം പിടികിട്ടി എന്ന രണ്ടും മണ്ണിൻ്റെ രണ്ട് രൂപാന്തരങ്ങൾ മണ്ണല്ലാതെ വിത്തെന്നോ വൃക്ഷമെന്നോ രണ്ട് വസ്തുക്കൾ ഇവിടെ ഇല്ല എങ്ങനെ അറിയാം വിത്തവും വൃക്ഷവും വിത്തും മണ്ണിലിട്ട് നോക്കുമ്പോൾ അത് മണ്ണാകും അതുപോലെ അദ്വൈത പരമസത്യം സാക്ഷാത്കരിച്ച് നോക്കൂ അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങൾ അഖണ്ഡബോധമായി അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഭാഗവതമൊക്കെ അതിഗംഭീരമായി ആ അനുഭവദശയെ വിവരിക്കുന്നുണ്ട് എങ്ങനെയാണ് അടുത്ത വർഷവും മണ്ണിലിടുമ്പോൾ മണ്ണായിത്തീരുന്നത് അതുപോലെ ഒരാൾ അഖണ്ഡബോധ സത്യത്തെ സാക്ഷാത്കരിച്ചാൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അഖണ്ഡബോധരൂപം കൈക്കൊള്ളും ഇനി എന്താ ഇവിടെ ഉള്ളത് അഖണ്ഡബോധം മാത്രം മറ്റൊന്നും ഇവിടെ ഇല്ല ഉണ്ടെന്ന് തോന്നുന്നതോ എസ്മിൻ്റെ അശേഷം അശേഷം വൃത്തവും രജ്വാം ഭുജംഗമൈവ പ്രതിഭാസി തൻ കൈ രജ്വാം ഭുജംഗമൈവ സദ്യയ്ക്ക് നടന്നു പോയപ്പോൾ വഴിയിലൊരു കയറുണ്ടായിരുന്നു ആ കയറിനെ പാമ്പാണെന്ന് ഭ്രമിച്ചു ഇത്രയോ അടുത്തോട്ട് ചെന്ന് കയറിനെ നോക്കിക്കാണാൻ ധൈര്യമില്ലാത്തയാൾ പാമ്പാണെന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിൽ പോയി രാത്രിയിൽ പാമ്പിനെ സ്വപ്ന സ്വപ്നം കണ്ട് കരയിൽ അതാണിവിടെ നടക്കുന്നത് അകത്തോട്ട് പോയി സത്യം കാ നമ്മുടെ ഉള്ളിൽ നമ്മളെ ഉള്ളിലിരിക്കുന്ന ആ ബോധസത്യത്തെ രാജദ്വേഷങ്ങളും ഭേദചിന്ത ഭേദചിന്ത എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ലേ വേറെ ഒന്നും ഇല്ല ഒന്നില്ല വേറൊന്നിവിടെ ഇല്ല ഞാനില്ല നീ ഇല്ല ഞാനും നീയും വേറെ വേറെ ഉണ്ടെന്ന് തോന്നുന്നതാണ് ഭേദചിന്ത മേശയും മയക്കും വേറെ വേറെ ഉണ്ടെന്ന് തോന്നുന്നത് ഭേദചിന്ത ഈ സത്യമാണെങ്കിൽ ഉപനിഷത്ത് പറയുന്നു യസ്യ ബ്രഹ്മ ച ഉഭയഭവത്ത് ഓതന കടോപനിഷത്ത് പറയുകയാണ് ഈ ബ്രഹ്മംഷ ബ്രാഹ്മണൻ ക്ഷത്രിയം ഇതെല്ലാം ഈ സത്യത്തിൻ്റെ ഭക്ഷണമാണ് അതൊക്കെ ഭക്ഷിച്ചടയും ബ്രഹ്മചക്ഷത്ര ഉഭയഭവതോധന മൃത്യുറിയ ഉപസേചനം ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും ഒക്കെ ഈ സത്യം ഭക്ഷിക്കുമ്പോൾ ചേദമില്ല ഒക്കെ തിരും മരണമോ അത് ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും ആവരാകുന്ന ഓതനം ചോറ് ഭക്ഷിക്കാനുള്ള ഉപസേചനം ചമ്മന്തി അതിനുള്ള ചെറിയ കറി ചെറിയ കറിയണം മരണം ഈ സത്യത്തിൻ്റെ മുമ്പ് ഇതാണ് ഗംഭീരമായ ഉപനിഷത്ത് സത്യം ബ്രഹ്മയസ ബ്രഹ്മചക്ഷത്ര ഉഭയഭഗതോധന മൃത്യുരസ്യോപസേചനം കൈത്തായ ആ സത്യത്തെ ഇവിടെ ഒക്കെ അന്വേഷിച്ച് ആര് കണ്ടെത്താനാണ് ഉള്ളിലന്വേഷിച്ച ആ സത്യം തെളിച്ചെടുക്കൂ ബോധ്യപ്പെടും അതു മാത്രമേ ഉള്ളൂ അതുവരെ പുറത്തുനിന്ന് എത്ര സെമിനാറുകൾ നടത്തുകയോ സൂളിലുള്ളവരെ അന്തരങ്ങളും പോവുകയോ ചെയ്താലും ഈ സത്യം വെളിപ്പെടാൻ പോകുന്നില്ല സത്യം കളഞ്ഞു പോയിരിക്കുന്നത് ഉള്ളിലാണ് അത് അവിടെ നിന്നും കണ്ടെടുക്കൂ കണ്ടെടുത്താൽ അതു മാത്രമേ ഉള്ളൂ പിന്നെ വേറെയാളൊന്നും ഇവിടെ ബാക്കിയില്ല ഈ പശുദീഹ നാനേവ മൃത്യുവർ മൃത്യു സഹചത്തി ആരാണ് വിടെ പലതുള്ളത് പോലെ കാണുന്നത് അവർ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോയി കൊണ്ടിരിക്കും ഇതാണ് വസ്തുസ്ഥിതി പേടിക്കരുത് ഇതൊക്കെ ഉറപ്പുവരുത്തുക ഇതൊന്നും വലിയ വിടെ ഈ വിടെ കുടുംബവും ഇല്ല പിന്നെന്താ ഐ സാറിങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മക്കളുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് വിവേദാനന്ദ സ്വാമി പറഞ്ഞതുപോലെ സാറ് ബന്ധമെന്നാണ് പറയുന്നത് കുടുംബമില്ലാതിൽ നിന്ന് ഒരിക്കലും പേടിക്കരുത് ഈ സത്യം ഉൾക്കൊള്ളുക കുടുംബഭരണമൊക്കെ ഒക്കെ ബ്രഹ്മയജ്ഞര പൂജ ഗംഭീരമായിട്ട് നടക്കും പക്ഷേ ഉള്ളൂ മക്കളൊക്കെ ഈശ്വരൻ ഭാര്യയ്ക്ക് ഭർത്താവ് ഈശ്വരൻ ഭർത്താവിനെ ഭാര്യ ഈശ്വരൻ ഏത് ബന്ധവും ഈശ്വര ബന്ധവും ശാസ്ത്രീയമായ സത്യം പക്ഷേ ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട എന്ന ഭാര്യ ഈശ്വരനാണെന്ന് പെട്ടെന്ന് പറയും പറ്റും വേണ്ട ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ ഇരിക്കട്ടെ ഈശ്വരനറിയണം ആഗ്രഹമുള്ളവരുടെ ഉള്ളിൽ ഇരിക്കട്ടെ ഒരു സുഹൃത്ത് എൻ്റെ അടുക്കളൊന്നെയാണ് അദ്ദേഹമുണ്ട് ഭാര്യ കൊണ്ട് രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് ഒരു സ്വയവും ഇല്ല ഭാര്യയും തമ്മിൽ മിണ്ടില്ല അയ്യോ അതൊരു സ്വയവുമില്ല സാർ എന്ത് ചെയ്യാൻ വീട്ടിൽ ഒരു സ്വസ്ഥതയുമില്ല നേരം വളർത്താൽ ഇട്ടുന്നത് വരെ രണ്ട് മക്കളുണ്ട് അവരും ഞങ്ങളുടെ ഈ സ്ഥിതി കണ്ടാകെ കുഴപ്പത്തിലാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇതെല്ലാം മാറുന്ന സുഹൃത്തെ നിങ്ങളൊരു കാര്യം ചെയ്യുമോ ഭാര്യയിൽ ഈശ്വരനെ കാണണം അങ്ങേരാഗ ഞെട്ടിപ്പോയി എന്തൊന്നും ഭാര്യ ഞാൻ കല്യാണം എഴുതി കൊണ്ടിരിക്കുന്നത് എൻ്റെ ഭാര്യയിൽ ഈശ്വരനെ കാണണമെന്നോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാൻ ഈ പറയുന്നത് പരമസത്യം ഭാര്യ എന്ന് പറഞ്ഞിരുന്ന ജലശരീരവും അതും ജലശരീരത്തെ പ്രാണനുൾപ്പെടെയുള്ള ജലവും അതിനൊക്കെ അനുഭവിക്കുന്ന ഒരു ബോധവും ഇതല്ലാതെ വേറെ വല്ല ഭാര്യയുമുണ്ടോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നിങ്ങളും അത്രേ ഉള്ളൂ ഭാര്യയോട് നിങ്ങളിലും ഈശ്വരനെ കാണാൻ ഭാര്യയോട് പറയണം പക്ഷെ അതിപ്പോൾ ചെന്ന് പറയണ്ട കുടുംബങ്ങളും നിങ്ങളാദ്യം കണ്ടു തുടങ്ങും നിങ്ങളാദ്യം ഭാര്യയിൽ ഈശ്വരനെ കണ്ടതും അവരോട് പറയണ്ട പറയുകയും വേണ്ട കുട്ടികളിലും ഭാര്യയിലും ഈശ്വരനെ ഉള്ളുകൊണ്ട് കണ്ടിട്ട് അങ്ങനെ കണ്ടാലോ പിന്നെ പിണക്കത്തിൻ്റെ ഒന്നും പ്രശ്നങ്ങളില്ല ഈശ്വരനോട് പിണങ്ങാൻ പറ്റുമോ എന്തും അവർക്ക് വേണ്ടി നിസ്വാര്ത്ഥമായി സ്നേഹിക്കാം നിസ്വാർത്ഥമായി അവർക്ക് വേണ്ടി എന്തും ചെയ്യാം ഈ ശരീരം പോലും അവർക്ക് ഈ ശരീരമൊന്നുമില്ല ഇതൊരു ഒന്നാം തരം ബ്രഹ്മപൂജ ബ്രഹ്മപൂജ നാരദൻ അപ്പോൾ ഇതൊക്കെ പറഞ്ഞു അങ്ങനെ എന്തായാലും വാസിഷ്ടസുധാരണമുള്ള പുസ്തകം വാങ്ങിച്ചു വായിച്ചു അങ്ങനെ പൂർണ്ണ ബോധ്യമൊന്നും ആ പുസ്തകം ഇവിടെ എടുക്കുന്നുണ്ട് ആ പൂർണ്ണ ബോധ്യം വന്നു ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ട് എൻ്റെ ഉള്ളിൽ വന്നിരുന്നു സാ ഞങ്ങളിപ്പോൾ എന്ത് പരമാനന്ദമായിട്ട് ജീവിക്കും ഇങ്ങനെ ഒരു ഇങ്ങനോട് കൊ മനസ്സിന് കുറച്ച് തത്വം പിടിവിട്ടുകയും നിർബന്ധ ബുദ്ധികൾ ഉപേക്ഷിക്കുകയും ഭാര്യയോട് എപ്പോഴും കാരുണ്യപൂർവ്വം സ്നേഹമായി പെരുമാറുകയും ചെയ്തപ്പോൾ ആ പെരുമാറ്റം ഭാര്യയിൽ തന്നെ വമ്പിച്ച മാറ്റം വരുത്തി കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷം അവർക്ക് സന്തോഷം ഞങ്ങളുടെ വീടിപ്പോൾ പരമശാന്തി ഇതാണ് ഈ തത്വം വെളിപ്പെട്ടാൽ അല്ലാതെ ഈ തത്വം വെളിപ്പെട്ടാൽ ഉടനെ ഇവിടെ നിന്നൊക്കെ ഓടി രക്ഷപ്പെടണം ഓടി രക്ഷപ്പെടാൻ പറ്റില്ല എവിടെ ഓടി രക്ഷപ്പെടാൻ ഉപനിഷത്ത് പറയുന്നത് ഈ ഇവിടെ അതേ ഉള്ളു പരലോകത്ത് പോലും ഏ ദീഹ അമുത്ര ഏതമുത്ര തദ്ഹ ഇവിടെ എന്തുണ്ടോ പരലോകത്തുപോലും അതേയുള്ളൂ അവിടെ എന്തുണ്ടോ അതേ നേഹ നാനാസ്തി ഹിഞ്ചന അങ്ങനെ ഇരിക്കുക എവിടെയാടുക ധർമ്മപുത്രനോട് ഭാഗവതത്തിൽ ഏഴാം അധ്യായം അവസാനം ധർമ്മപുത്രരോട് ഭക്തിയുടെ പരമാചാര്യനായ നാരദൻ പറയുന്നു ധർമ്മപുത്രരെ മൂന്ന് തരം അദ്വൈതം മനസ്സിനെ പെടുത്തി ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ എന്താ ഭാവാദ്വൈതം ദ്രവ്യാദ്വൈതം ക്രിയാദ്വൈതം ഭാവാദ് ഭാവാദ്വൈതം കിയാദ്വൈതം ദ്രിവ്യദ്വൈതം തധാത്മന വർത്തമാനോ സ്വാനുഭൂത്യവീൻ സ്വപ്നൻ ധുനു തേ മുനി ഇതാണ് ധർമ്മ നാരദം പറയുന്നത് നാരദൻ ഭക്തിയുടെ പരമാചാര്യന എന്താ ഭാവാദ്വൈതം കാര്യകാരണവസ്ത്വകമർശനം പഠതം ത്വ അതുവാസ്യ ഭാവാദ്വൈതം തദുത്തെ കാര്യകാരണങ്ങളെ ചിന്തിച്ചിട്ട് കാരണം കണ്ടെത്തും കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ അതിലെ നാമരൂപങ്ങൾ പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല അപ്പോൾ എല്ലാ നാമരൂപങ്ങളിലും കാരണത്തെ കാണാൻ കഴിയും ഇതാണ് ഭാവാദ്വേദം ഇവിടെ സ്വർണത്തിൻ്റെയും ആഭരണത്തിൻ്റെയും ഉദാഹരണങ്ങൾ പോലും സനാതന ബ്രഹ്മത്തിൽ പറ്റില്ല എന്തുകൊണ്ട് സ്വർണം കഷണം കഷ്ണമായി മുറിച്ച് മറ്റൊരു സ്വർണ്ണപ്പണിക്കാർ ആഭരണമാക്കി തീർക്കുക അതുപോലൊന്നും സനാതന സത്യത്തിൽ പറ്റില്ല അതുകൊണ്ടാണ് കയറിൽ പാമ്പിനെ കാണും പോലെയാണ് ഈ പ്രപഞ്ചം മരുഭൂമിയിൽ കാനൽ ജലം കാണും പോലെയാണ് ഈ പ്രപഞ്ചം എന്ന് വേദാന്തികൾ സിദ്ധാന്തിക്കുന്നത് അവസാനം അപ്പോൾ ഈ കാര്യകാരണ വസ്തു ഐക്യദർശനം നാരദൻ്റെ വാക്കുകളാണ് കാര്യകാരണ വസ്തുക്കൾ ഒന്നാണെന്ന് കണ്ടെത്തൂ കണ്ടെത്തിയാൽ പിന്നെ കാരണം മാത്രമേ ഉള്ളൂ കാര്യം ഇല്ല വെറുനാവരൂപങ്ങൾ ഇതാണ് ഭാവാദ്വൈതം ഈ ഭാവാദ്വൈതം ശീലിക്കൂ ശീലിച്ചാൽ എല്ലാം ഒന്നാണെന്ന് പിടികിട്ടുമല്ലോ എല്ലാം ബ്രഹ്മം അഖണ്ഡബോധരൂപമായ ബ്രഹ്മം ഇനി ക്രിയാദ്വൈതം ബ്രഹ്മണി പരേ സാക്ഷാത് സർവകർമ്മ സമർപ്പണം മനോ തനുഭിപ്പാർത്ഥ ക്രിയാദ്വൈതം തത് ചില അവിടെയാണ് ചിലർക്ക് പേടി ഏ ഇതും ഇങ്ങനെയൊക്കെ ആയാൽ നമ്മുടെ കുടുംബം കുഴപ്പത്തിലാവില്ലേ അത് ഒരു കുഴപ്പത്തിലാവില്ല പണ്ടത്തെക്കാൾ പരമശാന്തിയിൽ കുടുംബം കഴിഞ്ഞുകൂടും ക്രിയാദ്വൈതം കൂടെ ശരിക്കും എന്താ ക്രിയകൾ സകല ക്രിയകളും ബ്രഹ്മപൂജ എന്താ ഈ പ്രപഞ്ചമായി പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത് ഒരേ ഒരു ബ്രഹ്മം ഭാര്യയ്ക്ക് ഭർത്താവായും ഭർത്താവിന് ഭാര്യയായും അച്ഛനും മക്കളായും മക്കൾക്ക് അച്ഛനായും ഒക്കെ നിൽക്കുന്നത് ഒരേ ഒരു ബ്രഹ്മവസ്തു ഈശ്വര തത്വം അപ്പോൾ ഇതറിയാവുന്ന ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ബ്രഹ്മയജ്ഞം ബ്രഹ്മപൂജ ഭാര്യ ഭർത്താവിന് വേണ്ടി ചെയ്യുന്നത് ്രഹ്മപൂജ മക്കളെ പഠിപ്പിക്കുന്നത് ബ്രഹ്മപൂജ ഇതല്ലാതെ കടുത്ത അറ്റാച്ച്മെൻറ്റും മറ്റും വന്നാൽ ഇവിടെ വലിയ അറ്റാച്ച്മെൻറ്റൊന്നുമില്ല സംഘമില്ല രാഗമില്ല ചൊക്കെ ഈശ്വരൻ ഈ രാഗമൊക്കെ വളരെ കടുപ്പിച്ചാൽ എന്തെല്ലാം ദുരിതമുള്ള വാസ്തവത്തിൽ മക്കളൊക്കെ അച്ഛനാൽ മക്കളോടൊക്കെ കടുത്തരാലും ബ്രഹ്മമാണെന്ന് തീരുമാനിച്ചാൽ കടുത്ത രാഗമൊന്നുമില്ല ചെയ്യാവുന്നതൊക്കെ ചെയ്യും ഈശ്വര പൂജയായി കടുത്ത രാഗത്തിൽപ്പെട്ട് ഭ്രാന്തന പോലും ഒന്നും ചെയ്യില്ല എത്രയാണ് ഈ അടുത്ത കാലത്ത് എൻ്റെ എന്താ മാർക്ക് കുട്ടികൾക്ക് മാർക്ക് കുറവ് കടുത്ത രാഗം എന്താ എഞ്ചിനീയറൊക്കെ ആക്കണമെന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛനും അമ്മയും തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് മകന് എന്ത് കഴിവുണ്ട് എന്താകും ഇതൊന്നും അവിടെ ചിന്തയില്ല അടി മാർക്ക് കുറവ് അടി വീള്ളര് പോയി ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ റെയിലിനെ പാളത്തിച്ചാടുക എല്ലാം വശം കഴിക്കുക ഇതാണോ ജീവിതം ഇതാണോ സ്നേഹം നേരെമറിച്ച് ഈ സ്നേഹം ഉൾക്കൊള്ളുക വേണ്ടിടത്ത് വേണ്ടത് തോന്നും ഇവിടെ ഇത്രയും മതി ബാക്കിയൊക്കെ ആ ഭഗവാൻ നോക്കും ഇതൊരു മായ ഇത് കയറൽ സർപ്പം കാണുമ്പോഴുള്ള ഒരേപാട് ഇവിടെ ഇപ്പോൾ എൻ്റെ മോൻ നിൻ്റെ മോൻ അവനെ ഇപ്പോൾ ഉടനെ അടിച്ചെഞ്ചിനീറോ ഡാക്ടറെ ഒന്നും ആക്കണ്ട അവന് താൽപ്പര്യമുണ്ടെങ്കിൽ പരമാവധി നമുക്ക് സഹായിക്കാം എന്ത് ദേഹം സഹിച്ചും സഹായിക്കാം ഈശ്വര പൂജ ഇതാണ് യത് ബ്രഹ്മണി പരേ സാക്ഷാത് സാക്ഷാൽ ബ്രഹ്മം ഈ പ്രപഞ്ചമായി നിൽക്കുകയാണ് യത് ബ്രഹ്മണി പരേ സാക്ഷാത് പ്രപഞ്ചത്തിലെന്തും എന്തും ബ്രഹ്മം അപ്പോൾ ചെയ്യുന്ന എന്ത് കർമ്മവും ഈ ബ്രഹ്മബോധമുണ്ടെങ്കിൽ ചെയ്യുന്ന എന്ത് കർമ്മവും എന്തുമാവട്ടെ ബ്രഹ്മപൂജ ബ്രഹ്മയജ്ഞം ഗീത നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ജീവിതത്തിൽ ഒരു ബ്രഹ്മയജ്ഞമാക്കി മാറ്റൂ അല്ലാതെ ഇവിടുന്ന് ഓടി ഒളിക്കണ്ട ഈ ശ്ലോകമോർമ്മിക്കുക ബ്രഹ്മാർപ്പണം ബ്രഹ്മർ ബ്രഹ്മാജ്ഞ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗാന്ധ്യം ബ്രഹ്മകർമ്മ സമാധിന ബ്രഹ്മാർപ്പണം സകലകർമ്മവും ബ്രഹ്മപൂജ എങ്ങനെ ഓർമ്മിച്ചാൽ മതി ഇതൊക്കെ ബ്രഹ്മം ഞാനീ ചെയ്യുന്ന കർമ്മമൊക്കെ ബ്രഹ്മപൂജ ഇതൊക്കെ ബ്രഹ്മമായതുകൊണ്ട് ഞാനീ ചെയ്യുന്ന കർമ്മമൊക്കെ ബ്രഹ്മപൂജ ബ്രഹ്മാർപ്പണം എന്ന് പ്രത്യേക സംഹാരമൊന്നും വേണ്ട ബ്രഹ്മാർപ്പണം ബ്രഹ്മഹ് ഹവിസഹോഹദ്രവ്യവും ബ്രഹ്മം ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല അഖണ്ഡബോധം കൃഷ്ണൻ ബീജം മാം സർവഭൂതാനാം വിധി പാർത്ഥ സനാതനം ഞാൻ സക്കേണ്ട ജീവജാലങ്ങളുടെയും ബീജമാണ് ഞാനേ ഉള്ളു മറ്റൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് ഹോമദ്രവ്യവും ബ്രഹ്മം തന്നെ ബ്രഹ്മാർപ്പണം ബ്രഹ്മവർ ബ്രഹ്മഗ്നവും ബ്രഹ്മണാഹുതം അഗ്നിയെയും ബ്രഹ്മം തന്നെ ബ്രഹ്മം തന്നെ ഹോമിക്കുന്നതും എന്താ ലക്ഷ്യം ബ്രഹ്മാർപ്പണം ബ്രഹ്മ ബ്രഹ്മാഗ് ബ്രഹ്മൻ ബ്രഹ്മൈവതേന ഗാന്ധ്യം ഈ എല്ലം കൊണ്ട് എത്തിച്ചേരേണ്ട ലക്ഷ്യം ബ്രഹ്മാനുഭവവും ബ്രഹ്മൈവതേന ഗാന്ധ്യം ഇതെങ്ങനെ സാധിക്കും ബ്രഹ്മകർമ്മ സമാധിന ഗംഭീരമായ ഗീതാശ്ലവാണ് കൃഷ്ണൻ ഈ ഗുരുവായൂരപ്പൻ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ് കേൾക്കണമെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട മറ്റൊക്കെ ചെയ്യാം ഒരു വിരോധമില്ല കോഴി പൂവ് മാറിയിട്ട് ഒക്കെ ആവാണം തൽക്കാലം പക്ഷേ ഈ ഏത് കർമ്മവും വാചകം മുതലായ കർമ്മം ഉൾപ്പെടെ ഏത് ബ്രഹ്മകർമ്മമാണ് എന്ന് ഓർമ്മിക്കുക ബ്രഹ്മകർമ്മസമാധി കർമ്മമെല്ലാം ബ്രഹ്മപൂജെന്ന് ഓർമ്മിച്ചാൽ മാത്രം അത് മറന്നു പോകുമ്പോൾ വീണ്ടും ഓർമ്മിക്കുക എന്തുകൊണ്ട് ജഗത്ത് മുഴുവൻ ബ്രഹ്മമാണ് ഇലം ഷി വിശ്വം ഭഗവാൻ നാരദൻ വ്യാസനോട് പറയുന്നതാണ് ഇനി ക്രിയാത്വരിതം ഇതിനേക്കാളൊരു സോഷ്യലിസം ഇനി ഇവിടെ ആരുണ്ടാക്കാനാണ് സോഷ്യലിസം കമ്മ്യൂണിസം വാസ്തവത്തിൽ സമത്വം നമ്മുടെ മനസ്സിനെയൊക്കെ ആകർഷിക്കുന്ന സിദ്ധാന്തമാണ് പക്ഷേ എവിടെയെങ്കിലും അത് ഉണ്ടോ സമത്വം കണ്ടുപിടിയും അധികാരത്തിനും പണത്തിനും വേണ്ടിയുള്ള വഴക്കല്ലാതെ യഥാർത്ഥ സമത്വം നടപ്പാക്കാൻ ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഇതാണ് നാരദൻ ധർമ്മപുത്ര പടയുന്നവരോ പറ്റുമെങ്കിൽ ഈ സോഷ്യലിസം ഗംഭീര സോഷ്യലിസം നടപ്പാക്കും എന്താ ആത്മജയാസുതാദീനം അന്യേനാം അന്വേഷണം സർവജീവീനാം യ സ്വാർത്ഥകാമയോ ഐക്യം ദ്രവ്യാദ്വൈതം തതുച്ഛ്യത്തെ എടാ സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും സുഖത്തിനു വേണ്ടി എന്തൊക്കെയാണോ സാമഗ്രികൾ വേണ്ടത് അവയൊക്കെ തന്നെ മറ്റുള്ളവർക്കും വേണ്ടത് എന്നൊന്ന് ചിന്തിക്കൂ എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്കാവശ്യമുള്ളവർക്ക് നേടൂ പക്ഷെ മറ്റുള്ളവർക്കും മറ്റുള്ളവർ നേടുമ്പോൾ അസൂയപ്പെടാതില്ലോ ഇത്ര വേണ്ടു ഇതങ്ങനെയല്ല ഞാൻ എനിക്കൊരു നല്ലവണ്ണമാലീനീക്കാറുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് അയൽവക്കക്കാരൻ ഒരു നല്ല മാരത്തേക്ക് അത് വാങ്ങിച്ചു വീട്ടിൽ ഉറക്കമില്ല ഭർത്താവിന് ഭാര്യയെ ചോദിച്ചു അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഉറക്കമില്ല എന്താ കാര്യം ഇന്ന് നമ്മളും വായിച്ചതുപോലെ ഒരു കാർ അയാൾ ഒന്നുസരിക്കുന്നു ഞാൻ എങ്ങനെ ഉറങ്ങുന്നു ഇതാണിന്ന് ദുഃഖത്തിന് കാരണം ഇതാണ് നാരദം പറയുന്നുള്ളു അതല്ല നിങ്ങളെപ്പോലെ തന്നെ ജീവിക്കുന്നവരാണ് ഇതാണ് ബ്രഹ്മനിഷ്ഠ നിങ്ങൾ നിങ്ങളും അവരും ഒക്കെ ഒന്നും നിങ്ങളെന്തിനാ അവരുടെ സുഖസാമഗ്രികളെല്ലാം അസൂയപ്പെടുന്നു ആത്മജാസുതാദീനം അന്വേഷണം സർവജീവിനാം സകലജീവികളുടെ സ്വാർത്ഥ കാമയോരൈക്യം സ്വാർത്ഥവും കാമവും തുല്യമാണ് നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചോലും വിരോധമില്ല പക്ഷെ അന്യൻ കഴിക്കുന്നതിൽ നിങ്ങൾ ദുഃഖിക്കരുത് ഇന്ന് ലോകത്ത് കാണുന്ന ദുഃഖത്തിൻ്റെ തൊണ്ണൂറ്റൊൻപത് ശതമാനവും സ്വന്തം സുഖത്തിൽ ഉള്ള ബുദ്ധിമുട്ടല്ല അന്യനു സുഖിക്കുന്നു അതിനെ എവിടെയും ആഫീസിലല്ലായാലും രാഷ്ട്രീയത്തിലായാലും കുറേയൊക്കെ ആധ്യാത്മികത്തിൽ പ്രവർത്തനങ്ങളിലായാലും അത് കാണാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് അവിടെ ഇതുണ്ടോ അപ്പോൾ പിന്നെ നമുക്കിതുണ്ടായിട്ട് എന്ത് പ്രയോജനം ഇതാണ് വേദാന്തം അദ്വൈത വേദാന്തം പറ്റുമെങ്കിൽ ശ്രമിച്ചു നോക്കുക കൂടുതൽ മൂന്നു തരം അദ്വൈതത്തെക്കുറിച്ച് ഭാവാദ്വീതം ദ്രവികാദ്വീതം ക്രിയാത്വീതം നമുക്ക് കുറേയൊക്കെ ഇതിനെക്കുറിച്ച് എങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന നല്ല രസമാണ് ഒരുപാട് ദൃഷ്ടാന്ത പത്രമൊക്കെ വായിച്ചു നോക്കുക എന്ത് ഭാര്യാഹർത്തിൽ ബന്ധം ആ ബന്ധം ഈ ബന്ധം വല്ല്യ പരിശുദ്ധമല്ലേ സാർ പത്രങ്ങൾ വായിച്ചു നോക്കുക നവവധുവിനെ കാണാനില്ല നവവധു വരൻ്റെ മുറിയിൽ മരിച്ചു കിടന്നു നവവധു ആത്മഹത്യ ചെയ്ത് എന്ത് ഭാര്യയാവരത്തിൽ ബന്ധം നവവധുവിനെ കൊന്നു ചുട്ടരിച്ചിരിക്കുന്നു കൊന്നു ചുട്ടരിച്ച ആളിനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു ഇതല്ലേ നമ്മുടെ ജീവിതം ഈ തത്വം ഗ്രഹിച്ചാലല്ലാതെ ഒരു ഭാര്യാവർത്തൃ ജീവിതത്തിനും ഒരു പിതൃപുത്ര ജീവിതത്തിനും ഇവിടെ സമാധാനം കിട്ടാൻ പോകുന്നില്ല ഒരു നല്ല ഗംഭീരനായ ഒരാൾ ഒരിക്കൽ ഞങ്ങളോട് ഉപയോഗിച്ച് സാർ വാസ്തുത്തിൽ കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് മക്കളായി ഒന്ന് ജനിക്കുന്നതല്ലേ എന്താ കാര്യം വെച്ചാൽ മക്കളെയൊക്കെ നല്ലവണ്ണം നോക്കിയൊക്കെ അമേരിക്കയിലും റഷ്യയിലും സൂര്യനും ചന്ദ്രനിലും ഒക്കെ പോയി ഗംഭീരമായിട്ട് ജീവിക്കുകയാണ് പക്ഷേ ഇപ്പോൾ വീട്ടിൽ ഫോൺ ചെയ്താൽ അച്ഛനുണ്ടോ എന്ന് പോലും ചോദിക്കില്ല അച്ഛൻ ഫോൺ എടുത്താൽ അമ്മ അമ്മയോട് ചെറുപ്പം സംസാരിക്കും അച്ഛനും അല്ല എന്താ ബ്രഹ്മബോധം ഉണ്ടായിട്ടൊന്നുമല്ല അച്ഛനും കൂടെ വിരോധം എല്ലായിടത്തും അല്ല മക്കളോട് വിരോധമുള്ള അച്ഛന്മാരുണ്ട് മരുമക്കളോട് വിരോധമല്ല അമ്മാവന്മാരുണ്ട് മരുമോളുടെ വിരോധമുള്ള അമ്മായിമാർ എത്ര സ്ഥലത്ത് പ്രസിദ്ധം അമ്മായി മരുമോൾ യുദ്ധം വീടുകളിൽ നടക്കുന്നത് മിക്കവാറും വീട്ടുകൊണ്ടുവന്നാൽ ഉടൻ പണം വലിയ വീടുകൊണ്ട് അമ്മായിയും മരുമോളും താമസിക്കുന്നു ഭർത്താവ് സ്ഥലത്തില്ല പക്ഷെ രണ്ടുപേരും പരസ്പരം ഉണ്ടില്ല രണ്ടുപേരും പ്രത്യേകം പ്രത്യേകം പാചകം വെച്ച് കഴിക്കുന്നു എത്ര എത്ര വീടുകളിൽ ഞാൻ അധികം ഒന്നും വിസ്തരിക്കേണ്ട എന്നൊക്കെ നിങ്ങൾക്കൊക്കെ നല്ലതൊന്നും അറിയാവുന്ന കാര്യങ്ങളാണ് ദിവസവും പത്രം വായിക്കുമ്പോൾ ഈ മൂന്ന് തരം അത്വൈതം ശീലിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന കേടുകളാണ് ലോകമെമ്പാടും ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും എല്ലാ എല്ലാ രാഷ്ട്രീയങ്ങളിലും കാണുന്ന കോലാഹലം മുഴുവൻ ശാസ്ത്രീയമായ സത്യം അറിഞ്ഞനുഭവിക്കാത്തതു കൊണ്ടുള്ള കോലാഹലങ്ങൾ അതവിടെ ഇരിക്കട്ടെ അതൊന്നും നടപ്പിലാക്കാൻ നമുക്ക് നേരെയാക്കാൻ നമുക്ക് പറ്റില്ല അതിനുവേണ്ട തൽക്കാലം ക്ഷമിക്കും വേണ്ട തൽക്കാലം നമ്മുടെ വീടുകളിൽ എത്ര പേര് ഇപ്പോൾ ഞാനും ഈ പറയുന്ന ഈ തത്വം പറഞ്ഞു കൊടുത്ത് ഒരാൾ നേരെയായ പിന്നെ ഒരിക്കലും അയാൾക്ക് കുഴപ്പം വരില്ല കാരണം ഇത് ശാസ്ത്രതത്വം ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കും അല്ലാതെ കണ്ണു മടച്ച ആരുടെയെങ്കിലും അടുത്ത് പോയി സിദ്ധനാണ് അവിടെ ചെന്ന് കാലിത്തൊട്ടത് വീട്ടിൽ പോന്നാൽ വീട്ടിൽ സുസല്യൊന്നും ഉണ്ടാവില്ല ഈ തത്വം ഗ്രഹിച്ച് മനസ്സിനെ സത്യബോധമുള്ളതാക്കിയാൽ ഒരിക്കലും അതാണ് കൃഷ്ണൻ പറയുന്നത് ഒന്നോ രണ്ടോ പേർക്കെങ്കിലും ഇത് പിടികിട്ടട്ടെ കോലാഹലമായ ആഘോഷങ്ങൾ ഈ സത്യം പറയുന്ന ഇടങ്ങൾ കാണാനില്ല അതാണ് ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കെടുതി ലോകം മുഴുവൻ കാണാനുമുണ്ട് ഇതെനിക്ക് മാത്രമുള്ള ഇത് ബാലകൃഷ്ണന് മാത്രമുള്ള പരാതിയല്ല സാക്ഷാത് ഗുരുവായൂരമ്പനും കൃഷ്ണനും പോലും ഉള്ള പരാതിയാണ് എന്താ അർജുന ഞാനിതൊക്കെ പറഞ്ഞു വെച്ചു പക്ഷേ മനുഷ്യ സഹസ്രേഷു കസ്റ്റീതത്തെ സിദ്ധയെ ഈ സിദ്ധിക്കു വേണ്ടി അപൂർവം ചിലരെ എത്തിക്കുന്നുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് പറ്റുമോ സാ നമ്മുടെ അപൂർവം പേരിൽ ചിലരാണെന്ന് കരുതുക തീർച്ചയായും എന്താ പറ്റാത്തത് ചിലർക്ക് പറ്റുമെങ്കിൽ നമുക്ക് പറ്റിച്ചുകൂടെ നിശ്ചയമായും സാധിക്കും കുറേശെങ്കിലും ഇതിനൊരു താല്പര്യം വരും മാത്രം സത്യം വ്യക്തമായി ഗ്രഹിക്കുക അസംശയം സമഗ്ര യഥാജ്ഞാസി തത് ശ്രുണു അതാണ് കൃഷ്ണൻ നമുക്കിവിടെ പറഞ്ഞു തരുന്നത് ഇതൊക്കെ മായയാണ് ഏ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടോ മായ എന്ന് അടുത്ത മൂന്ന് ശ്ലോകങ്ങൾ ഈ അധ്യായത്തിൽ അതായത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് നാളെ എടുക്കാൻ പോകുന്ന ശ്ലോകങ്ങൾ കൃഷ്ണൻ പറയുന്നു ഇതൊക്കെ മായ വളരെ ശ്രദ്ധിക്കണം ഈ നാനാത്വത്തിൽ കുടുങ്ങിപ്പോയാൽ ഒരു രക്ഷയുമുണ്ടാവില്ല മമമായ ദുരത്യ എന്നാണ് ഈ കൃഷ്ണൻ ഭഗവത് നമുക്ക് നാളെ നോക്കാം നായ എത്ര കണ്ട് ദുരത്യാണെന്ന് ഈ അന്ത് സത്യം പിടികിട്ടാനും നമ്മളെ കൊച്ചു കൊച്ച് കുടുംബജീവിതങ്ങൾ സ്വർഗ്ഗസമാനമാക്കി തീർക്കാനുമുള്ള അത്രയും പാകത നമുക്ക് കുറച്ചെങ്കിലും ഉണ്ടാകുമെങ്കിൽ ഈ പ്രഭാഷണങ്ങളുടെ സാഫല്യം അതേ ഉള്ളൂ അതിന് ഗുരുവായൂരപ്പൻ നമ്മൊക്കെ അനുഗ്രഹിക്കുവാറുണ്ട്